മനുഷ്യർക്ക് ഒരു പ്രയാസത്തിനു ശേഷം നാം കാരുണ്യം നൽകിയാൽ ഉടനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവർ തന്ത്രങ്ങൾ മെനയുന്നു പറയുക അള്ളാഹുസുബാനഹുവലാ തന്ത്രങ്ങളിൽ കൂടുതൽ വേഗതയുള്ളവനാണ് തീർച്ചയായും നമ്മുടെ ദൂതന്മാർ നിങ്ങൾ മെനയുന്ന തന്ത്രങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്